ധ്യായം പന്ത്രണ്ട് അനന്തരം ശമുവേൽ എല്ലാ ഇസ്രയേലിനോടും പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു നിങ്ങൾക്ക് ഒരു രാജാവിനെയും വാഴിച്ചു തന്നു ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു ഞാനോ വൃദ്ധനും നരച്ചവനുമായി എന്റെ മക്കൾ നിങ്ങളോട് കൂടെ ഉണ്ട് എന്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ യഹോവയുടെയും അവന്റെ അഭിഷിക്തിന്റെയും മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പി ഞാൻ അത് മടക്കിത്തരാ അതിനവർ നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തിന്റെയും കൈയിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്നു പറഞ്ഞു അവൻ പിന്നെയും അവരോട് നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷിച്ചു അവന്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശമുവേൽ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ മോശയെയും അഹരോനെയും കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ മിശ്രയിൽ ദേശത്തുനിന്ന് കൊണ്ടുവരികയും ചെയ്തവനവൻ യഹോവ തന്നെയാണ് ആകയാൽ ഇപ്പോൾ ഒത്തുനിൽപ്പിയും യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുമ്പാകെ നിങ്ങളോട് വ്യവഹരിക്കും യാക്കോബ് മിശ്രയിമിൽ ചെന്ന് പാർത്തൂത്തു അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ മോശയെയും അഹരോനെയും അയച്ചു അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പാർക്കുമാറാക്കി എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ അവനവരെ ഹാസോരിലെ സേനാപതിയായ സീസരയുടെ കൈയിലും ഫെലിസ്തീറുടെ കൈയിലും മോവാ രാജാവിന്റെ കൈയിലും ഏൽപ്പിച്ചു അവർ അവരോട് യുദ്ധം ചെയ്തു അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു ഞങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെയും അസ്തോര പ്രതിഷ്ഠകളെയും സേവിച്ച് പാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കുമെന്ന് പറഞ്ഞു എന്നാർ യഹോവ യരുബാൽ ബദാൻ ഇഫ്താഹ ശമുവൽ എന്നിവരെ അയച്ച് ചുറ്റുമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു നിങ്ങൾ നിർഭയമായി വസിച്ചു പിന്നെ അമൂന്യരുടെ രാജാവായ നാഹാഷ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ദൈവമായേ ഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കേ നിങ്ങൾ എന്നോട് ഒരു രാജാവ് ഞങ്ങളുടെ മേൽ വാഴണം പറഞ്ഞു ഇപ്പോൾ ഇതാ നിങ്ങൾ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവും യഹോവ നിങ്ങൾക്ക് ഒരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറുക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്ക് അനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരുന്നതുപോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾക്കാണുകൾ ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളി ഇത് കോതമ്പു കാലമല്ലോ ഞാൻ യഹോവയോട് അപേക്ഷിക്കും അവൻ ഇടിയും മഴയും അയയ്ക്കും നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കുക യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ അറിയും അങ്ങനെ ശമുവെൽ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു ജനമെല്ലാം യഹോവയെയും ശമുവെലിനെയും ഏറ്റവും ഭയപ്പെട്ടുകൊണ്ടു ജനമെല്ലാം ഷമുവെല്ലിനോടും അടിയങ്ങൾക്കുവേണ്ടി നിന്റെ ദൈവമായ ഈ ഹോവിയോടൊ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ മരിച്ചു പോകരുത് ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈയൊരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഷമുവെൽ ജനത്തോട് പറഞ്ഞത് ഭയപ്പെടായ നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണഹൃദയത്തോടെ യഹോവയെ സേവിപ്പി വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത് അവ മിഥ്യാവസ്തു തന്നെയല്ലോ യഹോവ തന്റെ മഹത്തായ നാമം നിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു ഞാനും നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരുത് ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്ക മാത്രം ചെയ്യുവേ അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവേൽ എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചുപോകും